ഇബ്രാഹിം അലിഹിസ്ലാം തൻറെ പിതാവിനായി പാപമോചനം തേടിയത് അദ്ദേഹത്തിന് നൽകിയ ഒരു വാഗ്ദാനം കാരണമായിട്ടല്ലാതെയായിരുന്നില്ല എന്നാൽ അദ്ദേഹം അള്ളാഹുസുബ് ഹാനഹുവറ്റ ആരയുടെ ശത്രുവാണെന്ന് വ്യക്തമായപ്പോൾ ഇബ്രാഹിം അലിഹിസ്ലാം അദ്ദേഹത്തിൽ നിന്ന് വിട്ടുനിന്നു തീർച്ചയായും ഇബ്രാഹിം അലിഹിസ്ലാം അങ്ങേയറ്റം ദയുള്ളവനും സഹനശീലനുമായിരുന്നു